നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്രകാരം ഫോൺ നയൻ ഫൈവ് ടു സിക്സ് സീറോ നവഗ്രഹങ്ങളിലെ ബുധനെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ സാമാന്യമായിട്ടുള്ള ഒരു അറിവ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വളരെ വിപുലമായ ബുധൻ എന്ന കൺസെപ്റ്റ് ബുധൻ ഒരു ഗ്രഹമായിട്ട് മാത്രമല്ല അതിനെ കണക്കാക്കേണ്ടത് ഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെ ഗ്രസിക്കുന്നത് നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മളിൽ മാറ്റം വരുത്താൻ കഴിവുള്ളത് അത്തരമുള്ള ശക്തികളുടെ ഒരു പ്രതീകമാണ് അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന നമ്മളിൽ മാറ്റം വരുത്താൻ കഴിവുള്ള വലിയൊരു ഘടകമാണ് വിദ്യ അല്ലെങ്കിൽ അറിവ് ജ്ഞാനം പാണ്ഡിത്യം വിവേകം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രതിനിധിയാണ് ബുധൻ അപ്പോൾ നമ്മൾ ബുധനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഘടകങ്ങളെയൊക്കെ ആരാധിക്കുക എന്നർത്ഥം പ്രത്യേകിച്ച് വിദ്യയെ ഇനി ബുധനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കന്നി ബുധൻ്റെ ഉദ്ധ ഉച്ചക്ഷേത്രമാണ് കന്നി ഈ ഉച്ചക്ഷേത്രം സ്വക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് ഓരോ ഗ്രഹത്തിനും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി അല്ലെങ്കിൽ ബലം നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോഴാകും അനുഭവപ്പെടുക മറ്റൊരാളുടെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബലമുള്ളത് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ധൈര്യം അതെ പക്ഷേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചും ധൈര്യം നമുക്ക് കൂടും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ പലരെയും പലർക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ശത്രുതയൊക്കെ ചിലപ്പോൾ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മളെ പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്വതമായി നമുക്ക് ബലം കൂടും പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിലോ നമുക്ക് നല്ല ധൈര്യം ഒരാൾ നമ്മളെ ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടാകും അല്ലെങ്കിൽ പുറകിൽ ധൈര്യം കൂടും ആക്രമണത്തിൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത് അതുപോലെ ഈ ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രം ഉച്ച ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങൾക്ക് ബലം കിട്ടണതും ഏറ്റവും കൂടുതൽ ബലം കിട്ടുന്ന രണ്ട് ഘടകങ്ങളാണ് ഈ സ്വക്ഷേത്രം ഉച്ച ക്ഷേത്രം അപ്പോൾ അതിൽ കന്നി ബുധൻ്റെ ഉച്ച ക്ഷേത്രമാണ് ബുധനേറ്റവും കൂടുതൽ ബലമുള്ള ഒരു ഒരു ഭാഗമാണെങ്കിൽ ഒരു രാശിയാണ് കന്നി എന്ന് പറഞ്ഞാൽ ഞാൻ ജ്യോതിഷ അധികം ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളല്ല പ്രത്യേകം പറയാണ് ഞാനൊരു പൂജാരിയാണ് പൂജ ചെയ്തു കൊടുക്കുക എന്നതാണ് എൻ്റെ ധർമ്മം ജ്യോതിഷന്മാരെ നിർദ്ദേശിക്കുന്ന പൂജകളും പരിഹാരങ്ങളും അതല്ലെങ്കിൽ ഓരോരുത്തർക്കും എന്താണോ പൂജ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്ന ആളാണ് ഞാൻ ഞാൻ ജോലിച്ചതിനല്ല ഇതൊക്കെ ഒരു വായിച്ചറിവെന്ന് പറയുന്നതാണിതൊക്കെ ഈ ജ്യോതിഷം അപ്പോൾ അതുകൊണ്ട് കന്നി ബുധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക വിദ്യ ആരംഭിക്കാൻ ഏറ്റവും പ്രധാനമായത് നവരാത്രിയിലാണ് ഈ നവരാത്രി കന്നി ഒരു വിദ്യ അർത്ഥിക്കുന്ന ആൾ അല്ലെങ്കിൽ വിദ്യ വേണമെന്നാഗ്രഹിക്കുന്ന ആള് വിദ്യ ആരംഭിക്കാനും നമ്മളെല്ലാവരും വിദ്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ആയുധപൂജ അല്ലെങ്കിൽ പുസ്തകപൂജ നടക്കണതും വിദ്യാരംഭം നടക്കുന്നതും കന്നി മാസത്തിലെ നവരാത്രിയാണ് കന്നി ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് കന്നി ബുധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യക്കേറ്റവും ബുധൻ വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ വിദ്യയ്ക്ക് ഏറ്റവും പറ്റിയ മാസമാണ് കന്നിമാസം വിദ്യാരംഭം ബുധൻ്റെ ചമത കടലാടിയാണ് ചമത എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹത്തിൻ്റെയും ചൈതന്യം ഓരോ മരങ്ങളിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വ്യാഴത്തിൻ്റെ ചൈതന്യമുള്ളത് ആലിലാണ് സൂര്യന് എരുക്കാണ് ചന്ദ്രന് പ്ലാശാണ് അപ്പം നമ്മൾ സൂര്യനെ നേരിട്ട് ആരാധിക്കുന്നത് പരം എരിക്ക ആരാധിക്കാം പൂജാവിധിയിൽ അതുപോലെ ബുധൻ്റെ ചെടി കടലാടി നമ്മുടെ തുടിയിലൊക്കെ ഉണ്ടാവും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മുണ്ടിലൊക്കെ അത് പിടിക്കും ഈ കടലാടി നായുരുവി എന്ന് തമിഴിൽ പറയും അപാമാർഗം എന്ന് സംസ്കൃതത്തിൽ പറയും പ്രത്യേകിച്ച് കടലാടി ബുധൻ്റെ ഹോമത്തിന് ഉപയോഗിക്കുമെന്ന് മാത്രമല്ല സുദർശന ഹോമത്തിനുപയോഗിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കടലാടിച്ചമത കടലാടിയുടെ കഷ്ണങ്ങൾ ഒരു ചാണ് വലിപ്പത്തിലുള്ളത് അപ്പോൾ ഈ കടലാടി ബുധൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് സുദർശന ഹോമത്തിൽ അത് ഹോമിക്കുമ്പോൾ അതിന് നമുക്ക് പ്രത്യേകം ഫലം പറയാം സുദർശനം എന്ന് പറഞ്ഞാൽ എന്താണ് സു എന്നു പറഞ്ഞാൽ നല്ല ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച കാഴ്ച എന്ന് മാത്രമല്ല വിഷൻ നമ്മളുടെ ഒരു ദർശനം നമ്മുടെ ഒരു വിഷൻ അപ്പോൾ സുദർശനം നല്ല ദർശനമുണ്ടാകുക നല്ല കാഴ്ച ഉണ്ടാവുക നല്ല കാഴ്ചപ്പാടുകളുണ്ടാവുക നല്ല ചിന്താ പദ്ധതികളുണ്ടാവുക നമ്മൾ സുദർശനം എന്ന് പറയുന്നത് നമ്മുടെ വഴിയിലുള്ള തടസ്സങ്ങൾ മാറ്റി നമുക്ക് നല്ല ദർശനം തരാനാണ് സുദർശനം ഉപയോഗിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാട് നന്നാവണമെങ്കിൽ നമ്മുടെ ചിന്ത നന്നാവണമെങ്കിൽ നമ്മളുടെ കർമ്മ പദ്ധതികൾ നന്നാവണമെങ്കിൽ വേണം നമുക്ക് ജ്ഞാനമുണ്ടാവണം വിദ്യ ഉണ്ടാവണം അറിവുണ്ടാവണം വിവേകം ഉണ്ടാവണം അതിന് ബുധൻ പ്രസാദിക്കണം ബുധൻ പ്രസാദിച്ചാൽ അല്ലെങ്കിൽ ജ്ഞാനമുണ്ടായാൽ വിദ്യ ഉണ്ടായാൽ അറിവുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ദർശനം നന്നാവും നമ്മുടെ വിഷൻ നന്നാവും നമ്മുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളില്ലാണ്ടാവും അതിനും കൂടിയാണ് സുദർശന ഹോമത്തിൽ കടലാടി ഹോമിക്കുന്നത് കാരണം അത് ബുധൻ്റെ ചുമതയാണ് എല്ലാം തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ബുധൻ്റെ ധാന്യം ചെറുപയറാണ് ബുധൻ്റെ നിറം പച്ചയാണ് പച്ച നമുക്ക് വളരെ സന്തോഷം തരണ ഒരു നിറമാണ് പച്ച നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതന്നെ പച്ചപ്പാണ് ഒരു ഇൻ്റർവ്യൂവിൽ വായിച്ചതായിട്ട് ഓർക്കുണ്ട് ഈ ഫ്ലൈറ്റിലെ ഡ്രൈവർമാർ സോറി ഈ പൈലറ്റുമാരെ വിമാനത്തിലെ പൈലറ്റുമാരെ ഗൾഫ് വിമാനം പറത്തുമ്പോൾ വെറും മരുഭൂമിയാണ് അത് കഴിഞ്ഞ് അവർ കേരളത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിന് എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷമാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ വായിച്ചതായിട്ട് അവർക്കുണ്ട് അതായത് പച്ചപ്പ് നമുക്ക് സന്തോഷം തരണം അതുപോലെ തന്നെ ബുധനുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് കുട്ടികളെന്ന് പറഞ്ഞു കുട്ടികളാണ് ബുധനുമായി ബന്ധപ്പെട്ടത് കുട്ടികളുടെ കളിയും കുസൃതിയും നമുക്ക് സന്തോഷം നൽകണം വളരെയധികം ടെൻഷൻ ഇരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ കൊഞ്ചുന്നതും കളിക്കുന്നതും കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നും ടെൻഷൻ പോകും അതുപോലെ തന്നെ വളരെയധികം ടെൻഷൻ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പുറത്തിറങ്ങി കുറച്ച് പ്രകൃതി പച്ചപ്പ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരും അപ്പോൾ പച്ച വളരെയധികം സന്തോഷം തരുന്ന ജ്ഞാനം തരുന്ന വിവേകം തരുന്ന ഉള് തുറക്കുന്ന ഒരു കളറാണ് ബുധൻ്റെ കളർ പച്ചയാണ് ബുധൻ്റെ ധാന്യം ചെറു ഓരോ ഗ്രഹത്തിനും ഓരോ ധാന്യങ്ങളുണ്ട് ആ ധാന്യങ്ങൾ ഉപയോഗിച്ചും ആ ഗ്രഹത്തിനെ തൃപ്തിപ്പെടുത്താം ആ ഗ്രഹത്തിൻ്റെ ചൈതന്യം ധാന്യ രൂപത്തിൽ നമുക്ക് നമ്മളിൽ ഉണ്ടാക്കാം ഈ ചെറുപയറും പച്ചയും പറഞ്ഞപ്പോൾ രസകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ് ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് ഒന്ന് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിടൊപ്പം ചെറുപയറുകറിയാണ് കൊടുക്കാറുള്ളത് ചെറുപയറിൻ്റെ കറി അത് നോക്കൂ ബുധനുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ബുധൻ വിദ്യയുടെ ആളാണ് അപ്പോൾ വിദ്യ അർത്ഥിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉച്ചക്കഞ്ഞിയുടെ ഒപ്പം കൊടുക്കുന്നത് ചെറുപയർ കറിയാണ് ഗവൺമെൻറ് അതറിഞ്ഞിട്ടാണോ ബുധനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോ തീരുമാനിച്ചാകുന്നറിയില്ല പക്ഷേ എന്തായാലും അത് വിദ്യക്ക് വളരെ നല്ലതാണ് ഇതിലും രസകരമായിട്ടൊരു മറ്റൊരു കാര്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചത് ഏത് പാർട്ടിയാണ് മുസ്ലിം ലീഗാണ് ഈ മുസ്ലിം ലീഗിൻ്റെ കൊടിയുടെ കളർ എന്താ പച്ചയാണ് വിദ്യാവിദ്യാലയമൊക്കെ ബുധനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ബുധൻ്റെ കളറ് പച്ചയാണ് ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ച മുസ്ലിം ലീഗിൻ്റെ കൂടിയുടെ കളറും പച്ചയാണ് ഇതൊരു യാദൃച്ഛികമാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ച പോയി യാദർച്ഛികമായിട്ട് വന്നൊരു കാര്യം ശ്രദ്ധപ്പെടുത്തിയെന്നേ ഉള്ളു അതായത് ആ ബുധൻ്റെ അനുഗ്രഹം ആ ഒരു പാർട്ടിക്ക് കിട്ടി ആ കളറ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു ഉള്ളൂ എന്തായാലും ബുധനെന്ന ഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളത് ഉൾക്കൊണ്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങളിൽ മാത്രം വയ്ക്കാതെ ഈ അറിവുകൾ പ്രചരിപ്പിക്കുക ഈ അറിവുകൾ മലരിലും എത്തിക്കുക അതാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് പരമാവധി ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഫോർവേഡ് ചെയ്യാം അതുപോലെ തന്നെ പലതല സ്ഥലത്തും ക്ലാസ്സുകളും അതുപോലെ തന്നെ സെമിനാറുകളും പ്രഭാഷണങ്ങളൊക്കെ വച്ച് ഇത്തരം അറിവുകൾ പ്രചരിപ്പിക്കാനും സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും സ്വയം നമ്മളെപ്പറ്റി നമ്മുടെ അറിവുകളെപ്പറ്റി നമുക്ക് തന്നെ വിലയിരുത്താനും എല്ലാവരും ശ്രമിക്കുക അതിനുവേണ്ടി എവിടെ വരാനും ഞാനും തയ്യാറാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു നമസ്കാരം